ദക്ഷിണാമൂർത്തിയാസശങ്കരശ്ദി ജ്ഞാനോദോ ഇതംപ്രതിപത്തിവംസ പ്രഗൽഭവാജാലേദേശമുഖ്യുമാണിമോഹമോ കഴിഞ്ഞ ദിവസം പറഞ്ഞു അജ്ഞോഹം എന്നുള്ള അനുഭവത്തെ കുറിച്ചാണ് അത് തർക്കീയന്മാര് അനുമാനത്തിലൂടെ അജ്ഞാനത്തെ ശ്രദ്ധിക്കുന്നു അദ്വൈതികൾ സ്മരണയിലൂടെ അജ്ഞാനത്തെ ശ്രദ്ധിക്കുന്നു ഇതാണ് കഴിഞ്ഞ ദിവസം ചർച്ച ചെയ്തത് കഴിഞ്ഞ ദിവസം ചർച്ച ചെയ്ത ഭാഗം മനസ്സിലായല്ലേ മനസിലായ കഴിഞ്ഞ ഇനി ചർച്ച ചെയ്യാ ഉള്ളതല്ല കഴിഞ്ഞ ദിവസം ചർച്ച ചെയ്ത ഭാഗം മനസിലായോ ആരും ഒന്നും ഉണ്ടെന്നില്ല മനസ്സിലായാലേ മുമ്പോട്ട് പോകാൻ പറ്റും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് മനസ്സിലായോ ഇല്ലയോ എന്ന് ഉറപ്പിച്ചു പറയും ചിലർക്കൊക്കെ മനസ്സിലായെന്ന് പറയുന്നു ചിലരൊന്നും മിണ്ടെന്നില്ല എന്താ മുമ്പോട്ട് പോണോ പിറയിലോട്ട് പോണോ മനസ്സിലായെങ്കി മുമ്പോട്ട് പോവാം മനസ്സിലായെങ്കിൽ പറയിലോട്ട് പോവാം കേട്ടില്ല മുമ്പോട്ട് പോകാമെന്നാണ് പക്ഷെ എനിക്ക് തോന്നുന്നു പിറകോട്ട് പോകുന്ന നല്ല ഉം ഉം ഞാൻ ചോദിച്ച ഉത്തരം കിട്ടില്ല എന്നുള്ള ഉറപ്പാണല്ലേ ചോദിക്കാനൊന്നും പോകുന്നില്ല അങ്ങനെ ഒരു പരീക്ഷണത്തിനൊന്നും തയ്യാറല്ല പക്ഷേ വേണ്ട രീതിയിൽ ഇത്തരം ഭാഗങ്ങളെല്ലാം നോക്ക് ഒരു തവണ പത്തോ പതിനഞ്ചോ ഇരുപതോ മിനിറ്റ് കൊണ്ട് പറഞ്ഞു തീർക്കാൻ പറ്റില്ല ഒന്ന് അതൊരു പ്രധാന കാര്യമാണ് പറഞ്ഞാലും അവിടെ ഇവിടെയൊക്കെ എന്തെങ്കിലുമൊക്കെ ബാക്കി കിടക്കും അതത്ര ശ്രദ്ധിച്ചിരുന്ന് അത് കേൾക്കുകയും പിന്നെ അതിനെക്കുറിച്ച് വിചാരം ചെയ്തു കഴിഞ്ഞാൽ മാത്രമേ അത് നമുക്ക് ബോധ്യപ്പെടുത്തുള്ളൂ പറഞ്ഞു കഴിയുമ്പം പറയുന്ന ആളിന് മനസ്സിലാവും എന്താണോ ഇനിയും പറയാനുണ്ട് പറയാനില്ല വ്യക്തമല്ല എന്നുള്ള കാര്യം അതുകൊണ്ട് നിങ്ങൾക്ക് മനസ്സിലായെന്ന് അംഗീകരിച്ചുകൊണ്ട് തന്നെ ഞാൻ വീണ്ടും ഒരിക്കലൂടെ പറയാണ് ഇപ്പം നോക്കുക കൂടുതലായിട്ട് എന്തെങ്കിലും മനസ്സിലായോ ഇല്ലേ എന്നുള്ള കാര്യം പിന്നെ എൻ്റെ ഹിന്ദി ചില ഭാഗങ്ങളിലൊക്കെ കുഴപ്പമുണ്ട് ഇന്നലെ ഞാൻ പറഞ്ഞല്ലോ കൂടാതെയും കൊണ്ടുപോകും അപ്പൊ അത് ഞാൻ ഹിന്ദി പിന്നീട് വായിച്ചു നോക്കി കാര്യമായിട്ടൊന്ന് വായിച്ചു നോക്കിയപ്പോഴാണ് കണ്ടത് അപ്പൊ അതാണ് വീണ്ടും ഇത് ഒന്നുകൂടി പറയണമെന്ന് എനിക്ക് തോന്നാനൊരു കാരണം അപ്പോ ഇങ്ങനെ ഈ ഹിന്ദി വായിച്ചിട്ട് അങ്ങനെ ഒരു അർത്ഥം ധരിച്ചു കഴിഞ്ഞാൽ അത് കുഴപ്പമാണല്ലോ അത് ഇന്ന് പറയുന്ന കൂടെ കേട്ടിട്ട് നിങ്ങൾ ഹിന്ദി വായിച്ചിട്ട് എന്താ തകരാറെന്നുള്ളത് പറയുന്നു ഹിന്ദി വായിച്ചപ്പോൾ എനിക്കും തോന്നിയാ തകരാറ് പക്ഷെ ഞാൻ സംസ്കൃതം വായിച്ചിട്ട് ഹിന്ദി വായിക്കും ഹിന്ദി വായിച്ചിട്ട് മുസ്ലും ആദ്യം അങ്ങനെ നോക്കി പക്ഷെ പിന്നെ നിർത്തിയത് കാരണം പറഞ്ഞല്ലോ ഒരിക്കൽ തല തിരിഞ്ഞു പോയാൽ പിന്നെ ശരിയാക്കി എടുക്കാൻ പറ്റിയ പാടാണ് ഇവിടെ ആദ്യം പറയുന്നതാണ് അജ്ഞോഹം എന്ന് പറയുന്ന ഈ അനുഭവം ഭാവാവിദ്യ പ്രമാണമാണെന്ന് ആര് പറഞ്ഞു അത് ഇത് പറഞ്ഞപ്പോൾ പറയുന്നു അവിടത്തെ മറുപടി ഒന്ന് ശ്രദ്ധിക്കുന്നു ജ്ഞോം എന്നു പറയുന്ന ആ അനുഭവത്തെ സ്വീകരിക്കാം നിങ്ങൾ പറയുന്നു അങ്ങനെ സ്വീകരിച്ചാലും ശരി അതിൽ നിന്ന് പിന്നെ പരാമർശമുണ്ടാകുന്നു നിങ്ങൾ പറഞ്ഞു അത് അംഗീകരിക്കാം എന്നുവെച്ചാൽ സ്മൃതി എന്നാലും നിങ്ങൾ പറഞ്ഞ ആ അനുഭവം ഭാവരൂപജ്ഞാനത്തിന് പ്രമാണമല്ല നിങ്ങളുടെ സ്മൃതി പിന്നെന്തിനാ അത് ഞാനാഭാവത്തെയാണ് ബോധിപ്പിക്കുന്നത് ഇവിടെ ഒന്ന് ശ്രദ്ധിക്കേണ്ട കാര്യം കഴിഞ്ഞ ദിവസം പറഞ്ഞാ ഒന്നുകൂടെ വിശദീകരിക്കും പബ്ദി പറയുന്നത് കാരണം ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം വീണ്ടും മറ്റു സ്ഥലത്ത് ഇതിൻ്റെ ആവശ്യം വരുന്നതുകൊണ്ടാണ് ഞാൻ വിശദീകരിക്കുന്നത് വീണ്ടും സുഴുത്തിയിൽ അനുഭവം ഉണ്ടായി ഉണർന്ന ശേഷം സ്മരിക്കുന്നു ഈ സ്മരണ കൊണ്ട് സുഴുത്തിയിൽ ഭാവരൂപത്തിലുള്ള അജ്ഞാനം ഉണ്ടായി എന്നാണ് തർഗീം പറയുന്നത് അവിടെ ഉണ്ടായത് ജ്ഞാനാഭാവമാണെങ്കിലും സ്മരണ കൊണ്ട് ജ്ഞാനാഭാവത്തിനും പ്രമാണമാകാമല്ലോ എന്നാണ് പറയുന്നത് Um passed, and that, The ും ആകാമെന്ന് പറയാൻ കാരണം ആദ്യ അദ്വൈ സ്വന്തം പക്ഷം പറഞ്ഞല്ലോ ഏഹ് പറയണം നിങ്ങൾ അങ്ങനെ പറയുകയാണെങ്കിൽ അല്ലേ നിങ്ങൾ അങ്ങനെ പറയുകയാണെങ്കിൽ ഞങ്ങൾ പറയുന്നു അത് എന്തായാലും സ്മൃതി ഉണ്ടല്ലോ ഈ സ്മൃതി കൊണ്ട് നിങ്ങൾ ഭാപരൂപ അജ്ഞാനത്തെ സമർത്ഥിക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ ആ സ്മൃതി ഞാനാഭാവത്തിനും കാരണമാകാമല്ലോ എന്നാണ് അങ്ങനെ അങ്ങനെ എന്തിനു പറഞ്ഞെന്നാണ് ചോദ്യം അല്ലേ അങ്ങനെ എന്തിനു പറഞ്ഞെന്ന് വെച്ചു കഴിഞ്ഞാൽ എന്താണ് ഉദാഹരണം പറയുകയാണെങ്കിൽ ഘടത്തിന് കാരണം എന്താണ് ൃത്തിന കാരണം എന്ന് പറയാം പുലാലന കാരണമെന്ന് പറയാം പല കാരണങ്ങളെയും പറയാം അപ്പൊ ഒരാള് പറയാണ് ഘടത്തിന് കാരണം രാസവുമാണെന്ന് പറഞ്ഞാലോ എന്താ കുഴപ്പം ഘടത്തിന് കാരണം രാസവുമാണ് എന്തുകൊണ്ട് രാസവം മണ്ണ് കൊണ്ടു വന്നു എന്താ കുഴപ്പം അന്യതാസിദ്ധം പഠിച്ചു അന്യതാസിദ്ധമാണ് നിയത പൂർവർത്തിനേവ കാര്യസംഭവസവൂതത്വം അങ്ങനെയൊക്കെ പഠിച്ചാണ് അന്യം ഒരാണെങ്കിൽ പറഞ്ഞാൽ അത് ശരിയല്ലേ അപ്പൊ ഒരാള് പറയാണ് രാസഭവം കാര്യമാണ് എന്ന് പറഞ്ഞാൽ പറയാം അത് അന്യതാസിദ്ധമാണ് അപ്പൊ പറയുന്നു സ്മൃതി ഭാവരൂപത്തിലുള്ള അജ്ഞാനത്തിന് പ്രമാണമാണ് എന്ന് പറഞ്ഞാൽ താർക്കയും പറയുന്നു എന്താണ് അത് അഭാവത്തിനും അത് പ്രമാണമാകാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭാവരൂപത്തിലുള്ള അജ്ഞാനത്തിന് കാരണം എന്ന് പറഞ്ഞു ഭഗവാൻ യഥാസിദ്ധമായി മനസ്സിലായോ അതാണ് പിന്നെ വിശദീകരിക്കുന്നത് എന്താണെന്നുള്ളത് ഭാവരൂപത്തിനുള്ള അജ്ഞാനത്തിന് കാരണമാണ് സ്മൃതി എന്ന് പറയുമ്പോൾ താർക്കികം പറയുന്നു അത് അഭാവരൂപത്തിലുള്ള അജ്ഞാനത്തിനും കാരണമാകാം എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ് ഭാവരൂപത്തിലുള്ള അജ്ഞാനത്തിന് പ്രമാണമാണെന്ന് പറയുന്നത് അന്യതാസിദ്ധമായി അത് എന്തുകൊണ്ട് എന്നുള്ളതിനെ വിശദീകരിച്ചാൽ മതിയല്ലോ എന്ന് പറഞ്ഞാൽ അദ്വൈതി പറയുന്ന പക്ഷത്തിൽ ഭാവരൂപത്തിലുള്ള അജ്ഞാനത്തിന് സ്മൃതി പ്രമാണമാണെന്ന് പറയുന്നത് അന്യതാസിദ്ധമായി അതാണ് അതിന് പല കാരണങ്ങൾ പറയുന്നു ആര് പറയുന്നു അന്യതാസിദ്ധമാകുന്ന എങ്ങനെ നിങ്ങളുടെ സ്മൃതി ഭാവരൂപ അജ്ഞാനത്തിനെ സാധൂകരിക്കുന്നു എന്ന് പറയുമ്പോൾ അത് അന്യസിദ്ധമാകുന്നു എന്നതിന് ഒരു കാരണോണ് പറഞ്ഞ എന്താണ് അവിടെ അജ്ഞോഹം എന്നുള്ള അനുഭവമേ ഉള്ളൂ ആ ജ്ഞാനം അനാദിയാണ് ഭാവമാണ് അനുവചനീയമാണ് ഇങ്ങനെയുള്ള അനുഭവങ്ങളൊന്നുമില്ല അല്ലേ അങ്ങനെ ഒരു അനുഭവം ഇല്ല അങ്ങനെ ഒരു അനുഭവം ഇല്ലാതിരിക്കുകയാണ് നിങ്ങൾ എന്ത് പറയുന്നത് അത് ഭാവമാണ് അനാദിയാണ് അനർവചനീയമാണ് അതിന്നെല്ലാം പറയുന്നു അപ്പം നിങ്ങളുടെ പറയുന്ന അനാദിഭാവം എന്ന് പറയുന്ന സിദ്ധാന്തവും അതിനുവേണ്ടി നിങ്ങൾ പറയുന്ന യുക്തിയും ബന്ധമുണ്ടരണം അതിനൊന്നും പ്രമാണമല്ല അതാണ് ഒരു കാരണം അതന്യതാസിദ്ധം എന്ന് പറയുന്ന പിന്നെ പറയുന്നു അത് തന്നെ അത് അടുത്ത് വരാൻ പോകുന്ന കൂടെ ചേർത്താ ഞാൻ പറഞ്ഞത് സുപ്തപേഷം ഗാഠം മൂഢോഹം ആസമിതി പരാമർശ അനുഭവത്തികാലീന അനുഭവം മൂഢം ഈ നേരത്തെ അജ്ഞഹം എന്ന് പറഞ്ഞ പൊതുവായി പറഞ്ഞാണ് സുഹൃത്തിക്ക് വേണ്ടി പറഞ്ഞല്ല ഞാൻ സുഹൃപ്തിയുടെ ഉദാഹരണത്തിൽ വ്യക്തമാക്കാതെ കൂടെ അവിടെ പറഞ്ഞു തന്നെയുള്ളു ആദ്യ ആജ്ഞം എന്ന് പറഞ്ഞ കേവലം സുപ്തിക്ക് വേണ്ടി പറഞ്ഞതല്ല എന്താണോ അജ്ഞോഹം എന്ന് എനിക്ക് അനുഭവമുണ്ട് പറയുന്നത് അജ്ഞോഹം എന്ന് പറഞ്ഞാൽ ഞാൻ ആഭാവമാകാം ഇതേ കാര്യം തന്നെ സുഹൃത്തിയിലും വരുന്നു സുഹൃത്തിൽ ഗാഠം മൂടം ഇങ്ങനെയൊക്കെയുള്ള ഈ അനുഭവം പ്രമാണമെന്ന് പറഞ്ഞുകഴിഞ്ഞാൽ അതിന് സമാനം പറഞ്ഞെന്താണ് ആദ്യം പറയുന്നതും തമ്മിലും വ്യത്യാസം ആദ്യം അജ്ഞോഹം എന്ന് പറഞ്ഞാൽ സുഹൃത്തിയിലേക്ക് വേണ്ടിയിട്ടല്ല സാധാരണ പറയുന്നതാണ് അപ്പോൾ എപ്പോഴും എല്ലാവർക്കും അജ്ഞോഹം എന്നുള്ള അനുഭവമുണ്ട് പക്ഷെ ആ അനുഭവം എന്ന് പറയുന്നത് ഒരിക്കലും അനുഭജനീയ അജ്ഞാനത്തിന് പ്രമാണമല്ല എന്ന് പറഞ്ഞു ഈ അജ്ഞോഹം എന്ന് പറയുന്നതിനെ തന്നെ പൂർവ്വകാലത്തിൽ പറഞ്ഞു എന്നേ ഉള്ളൂ കാര്യം പറയുമ്പോൾ കാടോഹം മൂടോഹം എന്നൊക്കെ എന്താണ് സുത്തിയില ഇത് അനുഭവം എന്നുള്ള അനുഭവം ഉണ്ടായിരുന്നു എന്ന് ഉണർന്നപ്പോൾ സ്മരണയുണ്ട് അപ്പൊ ഈ സ്മരണമുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറയുന്നു ശരി നിങ്ങളുടെ സിദ്ധാന്തമനുസരിച്ച് തന്നെ എന്താണോ അവിടുത്തെ അനുഭവം നിങ്ങൾ പറയുന്നത് സാക്ഷിസുദ്ധമാണ് ഭാവമായാലും ശരി അഭാവമായാലും ശരി അപ്പം അഭാവമാണെങ്കിലും സാക്ഷി സുദ്ധമാവുമല്ലോ അപ്പം നിങ്ങൾ പറയുന്നത് ഭാവമായ അജ്ഞാനത്തിന് പ്രമാണമാണ് സ്മൃതി എന്നാണ് പറയുന്നു അഭാവമാണെങ്കിലും അതിന് പ്രമാണമാണ് അവിടെ അനുഭവിച്ചത് ജ്ഞാനാഭാവത്തെയാണ് ഈ പരാമർശവും നേരത്തെ പറഞ്ഞ അത് സാക്ഷിസിദ്ധമായ ജ്ഞാനാഭാവത്തിൻ്റെ സ്മൃതിയാണ് എന്ന് പറഞ്ഞാൽ അന്യതാസിദ്ധമായി നിങ്ങൾ ഏത് കാര്യത്തിന് വേണ്ടിയിട്ടാണ് പറഞ്ഞത് ഭാവരൂപമായ അജ്ഞാനത്തിന്റെ സിദ്ധിക്കു വേണ്ടി സ്മൃതിയെ പ്രമാണമായി കാണുന്നു അവിടെയും നിങ്ങൾ അജ്ഞാനമെന്നേ പറയുന്നത് അജ്ഞാനം എന്നുള്ള അനുഭവത്തിലുള്ളത് ഭാവമൊന്നും അഭാവമൊന്നുമില്ല അവിടെ ആകുള്ളത് സാക്ഷി മാത്രമാണ് ചെന് മാത്രമാണുള്ളത് അപ്പോൾ അതിൻ്റെ മുമ്പിൽ എന്താണ് അത് അഭാവത്തെയാണ് ഈ സ്മൃതി തന്നെ ഉണ്ടാവും കടോഹം മുഡോഹം പറയാൻ കാരണം എന്തുകൊണ്ട് താർക്കേന്റെ അവിടെ ജ്ഞാനമേ ഇല്ല ജ്ഞാനമില്ലാത്തതുകൊണ്ട് ജ്ഞാനാഭാവത്തെയാണ് പറയുന്നത് എന്താണ് ഗാഠം മൂഠം എന്നെല്ലാം പറയുന്നത് അപ്പം ഇതിലൂടെ ജ്ഞാനാഭാവമാണ് എന്ന് പറയുമ്പോൾ നേരത്തെ പറഞ്ഞ അന്യതാസിദ്ധി ദോഷം അങ്ങനെ ഭാവത്തെ ശ്രദ്ധിക്കാൻ പോയി അഭാവത്തിനും ഇത് പ്രമാണമാണെങ്കിൽ ഭാവത്തെ ശ്രദ്ധിക്കാൻ പോകുന്നത് അന്യതാസിദ്ധമാകും പരാമർശപ്പെട്ടു അപ്പോൾ നിങ്ങൾ സ്മൃതിയിലൂടെ ഭാവരൂപ അജ്ഞാനത്തെ ശ്രദ്ധിക്കാൻ പോയപ്പോൾ ഞങ്ങൾ പറയുന്നു അജ്ഞാനം അഭാവമാണ് അപ്പോൾ അവിടെ അന്യതാസിദോഷമാണ് ഇനി ഞങ്ങളുടെ പക്ഷത്തിലാണെങ്കിൽ പറയുന്നത് എന്താണ് അവിടെ എന്തായാലും ജ്ഞാനമില്ല ജ്ഞാനാഭാവമാണ് ജാഗ്രത്തിരുന്ന അനുമാനിക്കുന്നു ഞങ്ങൾക്ക് ദോഷമൊന്നുമില്ല ഞങ്ങളുടെ സിദ്ധാന്തമനുസരിച്ച് അസ്വന്മതീജ ഇതാനുമാവശ്യ അനുമീയമാനതയാ പരാമർശ അസംപ്രതിപദ് അനുമാനിക്കുന്നേ ഉള്ളു അവിടത്തെ ഇവിടെ പ്രത്യേകിതാണ് അദ്വൈതി പറഞ്ഞത് അവിടെ ഒരു അനുഭവം ഇവിടെ സ്മരിക്കുന്നു അദ്വൈതിയെ സംബന്ധിച്ച് താർക്കീലിനെ സംബന്ധിച്ച് അങ്ങനെ ഒരു അനുഭവം അവിടെ സ്വീകരിക്കാൻ പറ്റില്ല എന്തുകൊണ്ട് മനസ്സ് പുരീത നടിയിലാണ് അപ്പം അങ്ങനെ ഒരു അനുഭവമേ അവിടെ ഇല്ല പിന്നെ എല്ലാ സംഭവിക്കുന്ന ഇവിടെ ഇതാണ് വ്യക്തമാക്കേണ്ടത് എല്ലാ സംഭവിക്കുന്നത് ജാഗ്രതത്തിലാണ് ജാഗ്രതത്തിലിരുന്ന് അനുമാനിച്ചിട്ട് അവിടെ ഒരു ജ്ഞാനാഭാവം ഉണ്ടെന്ന് ഞങ്ങൾ പറയുകയാണ് കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞതിൽ കൂടുതൽ വിശദീകരണം ആവശ്യമുള്ള ഈ ഭാഗത്താണ് അതുവച്ചാൽ താർക്കീനെ സംബന്ധിച്ച് അവിടെ അവിടെ സിദ്ധാന്തം അനുസരിച്ച് ജ്ഞാനാഭാവത്തെ അവിടെ അനുഭവിക്കേണ്ട കാര്യമില്ല ജ്ഞാനാഭാവത്തെ അനുഭവിക്കാൻ വേണ്ടി അവിടെ ജ്ഞാനമില്ല താർക്കീനെ സംബന്ധിച്ച് ജ്ഞാനാഭാവം ഉണ്ട് അവരുടെ സിദ്ധാന്തം അനുസരിച്ച് അപ്പോൾ ഇവിടെ അനുമാനത്തിലൂടെ ഇവിടെ ഇരുന്ന് ശ്രദ്ധിക്കുകയാണ് ജാഗ്രത അദ്വൈതിയെ സംബന്ധിച്ചിടത്തോളം അവിടെ ജ്ഞാനാഭാവം എന്ന് പറഞ്ഞാലും ഭാവരൂപാജ്ഞാനം എന്ന് പറഞ്ഞാലും അദ്വൈതിക്ക് പറയാനുള്ള വകുപ്പുണ്ട് എന്തുകൊണ്ട് അവിടെ സാക്ഷിയുണ്ട് മനസ്സിലായോ അവിടെ സ്വയംപ്രവാസമായ സാക്ഷിയുണ്ട് അതിന്റെ മുമ്പിൽ എന്തായാലും വരാം ഭാവും വരാം അഭാവവും വരാം അപ്പോ താർക്കികൻ അത് മനസ്സിവെച്ചുകൊണ്ടാണ് അദ്വൈതയോട് ചോദിക്കുന്നത് അഭാ ഭാവം എന്ന് നിങ്ങൾ പറയുന്നു എന്തായാലും സാക്ഷിയുണ്ട് അപ്പോൾ അത് അഭാവമായി കൂടെ എന്ന് ചോദിക്കുന്നു ഇത് നയായികന്റെ പക്ഷത്തിലല്ല ഈ ചോദ്യം മനസ്സിലായോ അദ്വൈതയുടെ പക്ഷത്തിലാ ചോദിക്കുന്നു അവിടെ സാക്ഷി ഉണ്ടെങ്കിൽ സാക്ഷിയുടെ മുമ്പിൽ വരുന്നത് ഭാവുമാകാം ഭാവുമാകാം താർക്കീയന്റെ പക്ഷത്തിൽ ഇങ്ങനെ പറയാൻ പറ്റില്ല എന്തുകൊണ്ട് ഇവിടെ സാക്ഷിയില്ല കുറ്റ കുറ്റിരുട്ടാണ് അപ്പൊ പിന്നെ എന്തെങ്കിലും അതിനെ കുറിച്ച് പറയണമെങ്കിൽ എവിടെ പറ്റൂ ഈ വ്യത്യാസം നല്ലോണം മനസ്സിലാക്കും ആത്മാവെന്ന് പറയുന്നു മനസ്സെവിടെയാണ് ആ അപ്പൊ പിന്നെ ഞാനുണ്ടോ ആത്മാവിൽ ഞാനും ഇങ്ങനെ വരണം സ്വായ സംബന്ധത്തിൽ വരണം ഭരണമെങ്കിൽ എന്ത് വേണം ആത്മാവിന് സമീപം വേണം അപ്പോൾ ഇതൊന്നും നടക്കുന്നില്ല അപ്പം ഈ ഭാവം വളരെ വ്യക്തമായി തരിക രണ്ടുപേരും നമ്മളുടെ വ്യത്യാസം അപ്പോ ജ്ഞാനാഭാവമാണെങ്കിലും സ്മരിച്ചുകൂടെ എന്ന് ചോദിക്കുന്നത് ഒരിക്കലും താർക്കിയന്റെ പക്ഷത്തിലല്ല പിന്നെയോ അദ്വൈതിയുടെ പക്ഷത്തിലാണെങ്കിൽ ഇങ്ങനെ ചോദ്യം വരും അതിനെ കുറിച്ചാണ് ഇനി പറയുന്നത് കേവല സാക്ഷി മാത്രമേ ഉള്ളൂ അപ്പൊ അവിടത്തെ അജ്ഞാനം ഭാവവുമാകാം അഭാവവുമാകാംന്ന് ആര് പറയുന്നു അദ്വൈതി പറയോ അദ്വൈതി എന്തേ പറയത്തുള്ളൂ ഭാവം എന്നേ പറയത്തുള്ളൂ തർക്കം പറയുകയാണ് അദ്വൈതിയുടെ പക്ഷത്തിൽ അദ്വീതിയുടെ പക്ഷത്തിൽ നിന്നുകൊണ്ട് തർക്കുകയും പറയുകയാണ് അത് അജ്ഞാനം ഭാവവുമാകാം അഭാവമാകാം എന്ന് പറയും അപ്പൊ ഭാവവുമാകാം അഭാവവും എന്ന് പറഞ്ഞാൽ എന്തോരും രണ്ടിനും പറയുമ്പം ഭാവം എന്ന് പറയുന്നത് അന്യതാസിദ്ധമാകും മനസ്സിലായോ സ്മൃതിയിലൂടെ ഭാവരൂപ അജ്ഞാനത്തെ ശ്രദ്ധിക്കാൻ പോയി സംഗതി അഭാവമായി കഴിഞ്ഞാ എന്തോരും സ്മൃതി എന്ന് പറയുന്നത് അന്യദാസിദ്ധമാവും ഭാവരൂപ അജ്ഞാനത്തെ സമർത്ഥിക്കുന്നത് സ്മൃതി അന്യദാസിദ്ധമായും അതാണ് അപ്പൊ പിന്നെ അഭാവമോ അപ്പോ അത് പറയും അഭാവം സുഴുത്തിയിൽ സാക്ഷിക്ക് അഭാവം സാക്ഷി ഗ്രഹിച്ചു എന്ന് പറയാൻ പറ്റത്തില്ല അതങ്ങനെ കഴിയും അതാണ് അടുത്ത് ചോദിച്ചത് എന്ന കഥം ഞാനാഭാവസ്ഥ നിർമ്മികൾപ്പ ചെയ്ത് ഗോതര ഇതാര് ചോദിക്കുന്നതാണ് അദ്വൈതി നിങ്ങൾ പറഞ്ഞു സാക്ഷി അഭാവത്തെ ഗ്രഹിച്ചിട്ട് ജാഗ്രതയിൽ സ്മരിക്കുന്നു അതെങ്ങനെ സാധിക്കും എന്നാണ് എന്നുവെച്ചാൽ അജ്ഞാനത്തെ ഗ്രഹിച്ചിട്ട് ജാഗ്രതത്തിൽ സ്മരിക്കണമെങ്കിൽ അത് ഭാവരൂപമായിരിക്കണം അഭാവമാണെങ്കിൽ അവിടെ സാക്ഷിവേദ്യം ആകത്തില്ല എന്ന് പറയുന്നു നിർവി നിർവികൽപ്പ ചൈതന്യമാണ് അവിടെയുള്ളത് അതിന്റെ വിഷയമായിട്ട് അതെങ്ങനെ വരും എന്തുകൊണ്ട് ശ്രദ്ധേയെ ധർമ്മിപ്രതിയോഗി ജ്ഞാന പരാതിയിലെത്തോ അത് കഴിഞ്ഞ ദിവസം വിശദീകരിച്ചാണ് പ്രതിയോഗിക്കാനോ അനുയോജ്ഞാനോ ഉണ്ടെങ്കിലേ അഭാവത്തിൻ്റെ ജ്ഞാനം ഉണ്ടാകും അവിടെ കേവല ചിന് മാത്രം മറ്റു ജ്ഞാനങ്ങളൊന്നും ഇല്ല അപ്പോൾ എങ്ങനെ ഉണ്ടാകും എന്നാണ് ചോദ്യം അതിന് താർക്കികം പറഞ്ഞു കൊടുക്കുകയാണ് അതെങ്ങനെയാന്ന് ഞങ്ങൾ പറഞ്ഞുതരാം എങ്ങനെ സ്വരൂപേണ ഭേദാധിപൻ നിർവികല്പ സിദ്ധ്യ സവികല്പ ദർമ്മി പ്രതിയോഗി ജ്ഞാനപരാധീന സ്ഫുടരവഹാര ഇവിടെ ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു കുറച്ചുകൂടി വ്യക്തത ഇവിടെ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നേരെ എങ്ങനെയോ അനുമാനത്തിലേക്ക് ചാടിപ്പോയി ആനയുടെ കാര്യമൊക്കെ പറഞ്ഞ് അങ്ങോട്ട് ചാടിപ്പോയി അത് ഹിന്ദിയിലെ മിസ് ആ മിസ്റ്റേക്ക് കാണിക്കാൻ പോയതാണ് ഏ അടുത്ത് വരാൻ പോകുന്ന അടുത്ത് വരണം നേരത്തെ വരാൻ പാടില്ല അപ്പൊ ഇത് ഇവിടെ തീർക്കുന്നു ഞാൻ അതിലേക്ക് പോയി ഇന്നലെ അതുകൊണ്ടാണ് അതൊന്നുകൂടെ വിശദീകരിക്കുന്നത് പറയുന്നു ജ്ഞാനാഭാവം എന്ന് പറയുന്നതും അവിടെ ഭാവത്തിന്റെ നിർവികൽപ്പക ബോധം ഉണ്ടാവുന്നു സാക്ഷി ആ നിർവികല്പ ബോധം എന്ന് പറയുന്നത് താർക്കിരന്റെ ഭാഷ പറഞ്ഞോ കഴിഞ്ഞ ദിവസം പറഞ്ഞോ എന്താണ് ആ തൃതീയ വിഷയതാ വിലക്ഷണ വിഷയതയാണ് തുരിയ വിഷയതാണ് കഴിഞ്ഞ ദിവസം പറഞ്ഞു അങ്ങനെ ജ്ഞാനമുണ്ടാവും ജ്ഞാനമുണ്ടായിട്ട് അദ്വൈതേയും വ്യാഘ്രത്തിലിരുന്ന് സ്മരിക്കും മനസ്സിലായോ ഇത് ഈ അനുമാനമായിട്ട് ഇതിന് ബന്ധമില്ല അതാണെന്ന് പ്രത്യേകം പറയുന്നു അദ്വൈതിക്ക് അവിടെ നിർവികല്പക ജ്ഞാനം ഉണ്ടായി അതിന് ദൃഷ്ടാന്തം പറഞ്ഞു ഭേദാദികളെ പോലെ ഞാൻ കഴിഞ്ഞ ദിവസം വിശദീകരിക്കാണ് അതിന് വിശദീകരിക്കുന്നില്ല പക്ഷെ ഇത്രയും പറയുന്ന അദ്വൈതീയുടെ ഭാഗത്ത് നിന്നാണ് അദ്വൈതിയുടെ ഭാഗം ആര് പറയുന്നു കാർക്കേം പറയുന്നു അവിടെ ഉണ്ടായത് എന്താണോ ഭാവത്തിന്റെ സ്മരണം തന്നെയാണ് ജ്ഞാനാഭാവം എങ്ങനെയുണ്ടായി നിർവികല്പകമായ സാക്ഷിക്ക് ജ്ഞാനം ഉണ്ടായി ജാഗ്രതത്തിൽ അതിനെപ്പമായി സവികല്പമായി സ്മരിക്കുന്നു ജാഗ്രത വരുമ്പോ ഇവിടെ അതിനെ സ്മരിക്കുമ്പോൾ ഏതാണ് അതിന്റെ അനുയോഗി എന്താണ് അതിന്റെ പ്രതിയോഗി എന്താണ് ഞാനോ എന്നൊക്കെ ഇവിടെ ചിന്തിക്കാം അവിടെ അതിൻ്റെ ആവശ്യമുണ്ട് എങ്ങനെയാണോ വിശേഷണജ്ഞാനം വിശേഷണത്തിൻ്റെ നൃവികൽപകമായി ജ്ഞാനമുണ്ടായിട്ട് വിശിഷ്ടജ്ഞാനം ഉണ്ടാവുന്നു അപ്പം നൃവികൽപക ജ്ഞാനം എന്ന് പറയുന്ന പ്രത്യക്ഷമേ അല്ല ഇവിടെ സാധാരണ വിഷയതയില്ല ആ നൃവികൽപജ്ഞാനത്തെക്കുറിച്ച് അറിയുന്നെങ്ങനെ അനുമതിയിലൂടെയാണ് വിശേഷണജ്ഞാനം വിശിഷ്ടജ്ഞാനപൂർവം എന്നുള്ള വിശിഷ്ടജ്ഞാനത്വ അല്ല വിശിഷ്ടജ്ഞാനം വിശേഷജ്ഞാനപൂർവ്വം വിഷ്ടജ്ഞാനത്വ ദണ്ഡി പുരുഷ വിശിഷ്ടമത്വം പറയാം ഈ ഭാവമാണ് വ്യക്തമാകുന്നുണ്ട് അദ്വൈതിയോട് താർക്കിയും പറയുകയാണ് സുഷുക്തിയിൽ നിങ്ങൾക്ക് ഇവര് നിർവികല്പകത്തിന്റെ ആൾക്കാരാണല്ലോ ആര് അദ്വൈതി അവർക്കെല്ലാം നിർവികല്പക നിർവികല്പജ്ഞാനം ഉണ്ടായി സുഷുത്തിയിൽ എതിന്റെ അഭാവത്തിന്റെ ജാഗ്രതത്തിൽ നിങ്ങളിരുന്ന് ആ അഭാവത്തെ കുറിച്ച് എല്ലാം ചർച്ച ചെയ്യണം ആരാണ് പ്രതിയോഗി ആരാണ് അനുയോഗി എവിടെ ഉണ്ടായി അപ്പോ സ്മരണം സ്മരണത്തിൽ എല്ലാ വരും അവിടെ നിർവികൽപകമായ അഭാവം ഞാനും ഉണ്ടായി എന്നാണ് മനസിലായോ ഇതാര് ആരുടെ പറയുന്നു അപ്പൊ ഇത്രയും പറഞ്ഞപ്പോ ഇവിടെ ഇത്രയും കൊണ്ട് സംഭവിച്ചത് ഭാവരൂപമായ അജ്ഞാനത്തിന് സ്മൃതി ആണ് പ്രമാണമെന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ അല്ല അഭാവരൂപത്തിലുള്ള അഭാവം ജ്ഞാനാഭാവം അതിൻ്റെ സാക്ഷിയുടെ ജ്ഞാനത്തിനാണ് സ്മൃതി പ്രമാണം എന്നിവിടെ ഇപ്പം താർക്കേം സമർത്ഥിച്ചു എന്തുകൊണ്ടവിടെ നിർവികൽപക ജ്ഞാനത്തെ സ്വീകരിച്ചോളു അങ്ങനെ സ്വീകരിച്ചപ്പം ഭാവരൂപത്തിലുള്ള അജ്ഞാനത്തിന് സ്മൃതി പ്രമാണമാണെന്ന് പറയുന്നത് അന്യതാസിദ്ധമായി ഇത് കഴിഞ്ഞ ദിവസം പറഞ്ഞു മനസിലായോ അപ്പോ അദ്വൈതി എന്താണോ സമർത്ഥിക്കാൻ പോയത് അത് അന്യതാസിദ്ധമായി പക്ഷെ ഹിന്ദിയിൽ വ്യാഖ്യാനം ചെയ്തപ്പോൾ എല്ലാം തലതിരിഞ്ഞു അന്യതാസിദ്ധി എന്നുള്ള കാര്യം പറയുന്നുണ്ടെങ്കിലും അത് ഒരുപാട് ആശയക്കുഴപ്പുണ്ടാക്കുന്ന രീതിയിലായിരിക്കും അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഈ ഈ ഇത് കഴിഞ്ഞ ദിവസം ഞാൻ വിശദീകരിച്ചില്ല എന്താണ് എന്ന് വെച്ചാൽ അദ്വൈതി പറയുന്ന അജ്ഞാനം സ്വരൂപേണ ഭേദാധിക നിർവികല്പക സിദ്ധ്യ അത് ഭേദാധികളെ പോലെ നിർവികല്പകമായി സിദ്ധമായി ആർക്ക് ആർക്ക് അദ്വൈതി എന്ന് പറഞ്ഞാല് ആർക്ക് സിദ്ധമായി ഇതുവരെ പറഞ്ഞത് വെറുതെ ആയോ ഏ സാക്ഷിക്ക് സിദ്ധമായി ജ്ഞാനാഭാവശ്യ സ്വരൂപേണ ഭേദാധിപ നിർവികൽപകസിദ്ധമായി ആർക്ക് സാക്ഷിക്ക് നിജ സാക്ഷിക്കാതിന്റെ ജ്ഞാനം ഉണ്ടായി നിർവികൽപ്പക ജ്ഞാനം ഉണ്ടായി അതിന്റെ എന്താണ് ക്ഷീണമുണ്ടർവികല് നിർവികല്പകമായി സിദ്ധമായി സാക്ഷിക്കും അപ്പോ നേരത്തെ ചോദിച്ച ചോദ്യത്തിന് തരമായി സാപേക്ഷമായി ഒന്നിന്റെ ജ്ഞാനം സുഴുത്തിയിൽ എങ്ങനെ ഉണ്ടാകും അഭാവമായി സ്വീകരിച്ചു കഴിഞ്ഞാൽ അത് സാവേക്ഷമായി സപേക്ഷമായൊന്നുമില്ല ഞാൻ സൃഷ്ടിയില്ലെങ്കിലും ഉണ്ടാകും അതിന് സമാനം പറഞ്ഞു അത് സാവേക്ഷമാണെങ്കിലും അവിടെ നിർവികല്പകജ്ഞാനം ഉണ്ടാകാം അഭാവം എന്ന് പറയുന്നത് സപേക്ഷമാണ് അങ്ങനെ ഉണ്ടായിട്ട് അടുത്ത് പറയുന്നു സവികല്പദശായുപറയുന്നത് ഏതാണ് സ്മരണദശ എപ്പോഴാണോ ഇതിനെ സ്മരിക്കുന്നെച്ചാൽ ഒരാള് ആ സ്മരണയാണ് നേരത്തെ പറഞ്ഞെന്താണ് ഗാഠം മൂഢോഹം ആസം നകിഞ്ചിത് അവേദ ഇതാണ് സ്മരണം നകുഞ്ചിത് അവോഹം ആസം എന്നുള്ള സ്മരണം ഈ സ്മരിക്കുന്ന സമയത്ത് ഇവിടെ എന്ത് വരുന്നു ധർമ്മി പ്രതിയോഗി ജ്ഞാനപരാധീനതയ ധർമ്മി പ്രതിയോഗിയെല്ലാം ൊണ്ട് സ്ഫുടര വ്യവഹാര വിഷയത്തോത്തേടമായ വ്യവഹാരം ഉണ്ടാവുന്നു എന്താണ് വ്യവഹാരം എന്താണ് വ്യവഹാരം ഏ ആ നേരത്തെ പറഞ്ഞ എന്താണ് നേരത്തെ പറഞ്ഞ ന കിഞ്ചിത് അപേദിഷം ഗാഠം മൂടോഹം ആസം എന്ന് പറയുന്ന വ്യവഹാരം മനസ്സിലാവേ ഇതാണ് ഇവിടുത്തെ വ്യവഹാരം അനുമാനത്തിലെത്തിയില്ല മനസിലായോ കഴിഞ്ഞ ദിവസം ഞാനിവിടെ വന്നപ്പോൾ അനുമാനത്തിലേക്ക് പോയി അപ്പോൾ ഇതുവരെ വരുമ്പോൾ ഇവിടെ അദ്വൈതിയുടെ പക്ഷത്തെ ഖണ്ഡിച്ച് ഇതുവരെ വന്നു വ്യവഹാരം എന്നിവിടെ പറയുന്നത് എന്താണ് ഗാഢം മൂടോഹം ആസം എന്ന കിഞ്ചി തവേദി ഷോകളും വ്യവഹാരമാണ് ഇത് ജാഗ്രതത്തിലെ സ്മൃതിയാണ് ഈ വ്യവഹാരം സാധിക്കും എന്തുകൊണ്ട് സുഹൃത്തിയിലെ ജ്ഞാനാഭാവത്തിന്റെ നിർവികൽപകമായ ജ്ഞാനം ഉണ്ടാവുകയും ജാഗ്രതത്തിൽ അതിനെ സ്മരിക്കുകയും ചെയ്യുന്നതെന്ന് പറയുമ്പോൾ ഇത്രയും പറഞ്ഞു തീരുമ്പോഴാണ് അവിടെ ഭാവരൂപത്തിലുള്ള അജ്ഞാനമാണ് ഉണ്ടായത് അതിനാണ് ഞാൻ സ്മരിക്കുന്നു എന്ന് പറയുന്ന അദ്വൈതിയുടെ പക്ഷം അന്യതാസിദ്ധമാകുന്നു ഇത്രയും പറഞ്ഞു കഴിയുമ്പോഴാണ് അപ്പൊ അദ്വൈതീയുടെ പക്ഷം വന്യതാസിദ്ധമായി താർക്കിയൻ എന്താണോ പറയാനുദ്ദേശിച്ചത് അതിനെ സമ്മർദ്ദിച്ചു സുഹൃത്തിയിൽ നിർവികല്പ കാനത്തെ അംഗീകരിച്ചു ഇത് നിർത്തിയതിനു ശേഷം ഇനി അടുത്ത് പറയാൻ പോകുന്ന ആനയുടെ കഥയൊക്കെ പറയാൻ പോകുന്ന എന്താണ് തന്റെ പക്ഷത്തെ സമർത്ഥിക്കാനാണ് താർക്കീയപക്ഷത്തെ അതായത് അതിന് ഈ പറഞ്ഞ അദ്വൈതിയുടെ സ്മൃതിയുമായിട്ട് യാതൊരു ബന്ധവും ഇല്ല എന്നത് രണ്ടും കൂടെ ക്രോസ് ആയി മനസ്സിലായേ ും രണ്ടായിട്ട് ഇതുവരെ വന്നപ്പം അദ്വൈതിയെ ഖണ്ഡിച്ചു ഇനി തർക്ക എന്ത് ചെയ്യുന്നു എങ്ങനെ സ്മൃതി സംഭവിക്കും എന്നുള്ളതിനെ ഖണ്ഡിച്ചിട്ട് അദ്വൈതയുടെ പക്ഷത്തെ ഖണ്ച്ചിട്ട് എങ്ങനെ അനുമാനത്തിലൂടെ ശ്രദ്ധിക്കാന്നുള്ള അടുത്ത് സന്ദർശിക്കുന്നു ഞാനാഭാവം എങ്ങനെ അനുമാനിക്കും എന്ന് എന്ന് വെച്ചാ അവിടെ കാർഗീകനെ സംബന്ധിച്ചിടത്തോളം സുഷുപ്തിയിൽ എന്താണ് ജ്ഞാനാഭാവത്തിന്റെ അനുഭവം ഇല്ല അത് പ്രത്യേകം മനസ്സിലാകും താർക്കീയനെ സംബന്ധിച്ചിടത്തോളം ജ്ഞാനാഭാവത്തിന്റെ അനുഭവം ഇല്ല താർക്കികനെ സംബന്ധിച്ചിടത്തോളം ജാഗ്രതത്തിലുള്ള അനുമതി ജ്ഞാനമേ ഉള്ളൂ അദ്വൈതയെ സംബന്ധിച്ചിടത്തോളം സുഷുപ്തിയിൽ അപ്പോ തർക്കം പറയുന്ന അനുസരിച്ച് ജ്ഞാനാഭാവത്തിന്റെ അനുഭവവും ജാഗ്രതൽ സ്മൃതിയും ജ്ഞാനാഭാവത്തിന്റെ അനുഭവം എങ്ങനെയുണ്ടായി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് നിർവികൽപക ജ്ഞാനമാണ് അതിന് അദ്വൈതിയുടെ പക്ഷത്തിൽ അതിനെ സമർപ്പിക്കുന്നതിന് പ്രയാസമില്ല അവർക്ക് അവിടെ നിർവികല്പകമായ ചൈതന്യമുണ്ട് അതാണ് ഞാൻ ഇടയ്ക്ക് ക്ഷീണമുണ്ടോയെന്ന് ചോദിച്ചു കുറച്ചൊക്കെ വിട്ടുപോയി അതായത് അദ്വൈതി പറഞ്ഞു ഭാവരൂപാജ്ഞാനമാണ് താർഹീം പറയുന്നു നിങ്ങൾക്കവിടെ ഉണ്ടായത് ജ്ഞാനാഭാവത്തിന്റെ ജ്ഞാനമാണ് അതിനാണ് നിങ്ങൾ സ്മരിക്കുന്നത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു ഇടപാടും നടന്നിട്ടില്ല ഞങ്ങൾ എന്ത് ചെയ്യുന്നു അനുമാനത്തിലൂടെ ജ്ഞാനാഭാവത്തെ ശ്രദ്ധിക്കും ഏ സിദ്ധാന്തം പറയുമ്പോഴത്തേക്ക് അധ്യയ്ക്ക് പറയാനുള്ള പറയും ഇപ്പൊ പറയുന്നത് നിങ്ങൾ സ്മരിക്കുന്നത് ജ്ഞാനാഭാവത്തിന്റെ നിർവികകൽപകമായ ജ്ഞാനത്തെയാണ് ഇപ്പൊ സ്മരിക്കുന്നത് ഇപ്പൊ അത് സവികല്പകമായി അവിടെ ആർക്കും ജ്ഞാനാഭാവത്തിന്റെ ജ്ഞാനം ഉണ്ടായി സാക്ഷിക്കും അതെന്ത് ജ്ഞാനം നിറവികൽപ്പക ജ്ഞാനം എല്ലാം താർഗീയം പറയുന്നതാണ് ഇന്നിടയ്ക്ക് താർഗീയ സ്വന്തം അഭിപ്രായം പറഞ്ഞില്ല സ്വന്തം അഭിപ്രായം ഇനി പറയുന്നു സുഹൃത്തിയിൽ ഉണ്ടാകുന്നത് ഉള്ളത് ജ്ഞാനത്തിന്റെ അഭാവമാണ് സുഹൃത്തിയിൽ അതിനെ കുറിച്ച് യാതൊരു അറിവ് ആർക്കുമില്ല ജാഗ്രത്തിലെ അനുമാനത്തിലൂടെ ഞങ്ങളത് ശ്രദ്ധിക്കും മനസിലായോ അപ്പോ ഇത് രണ്ടും വ്യക്തമായിട്ട് തന്നെ മനസ്സിലാക്കണം ഇപ്പൊ കഴിഞ്ഞ ദിവസം ക്ലാസ് നിങ്ങൾ കുറെ വേണമെങ്കിൽ ക്യാൻസൽ ചെയ്യാനും കുഴപ്പമില്ല അവസാന ഭാഗത്ത് രണ്ടും കൂടി വന്നിട്ടും നിങ്ങൾ പറഞ്ഞ എല്ലാം മനസ്സിലായാലും